്രഹ്മോപാസനയുടെ കാര്യമാണ് ബ്രഹ്മ സാക്ഷാത്കാരം ആ സാക്ഷാത്കാരത്തിന് എന്നു പറയുന്നത് സംസ്കാരികമാകാമെന്ന് പൂർവ്വക്ഷം പറയുന്നു അപ്പം ഞാൻ എന്താണോ അത് ബ്രഹ്മത്തിൻ്റെ ആഭരണത്തെ മാറ്റുന്നത് ആ കാര്യത്തിൽ അങ്ങനെയുള്ള ആഭരണത്തെ മാറ്റുക എന്ന ഒരു നവിദ്യയും സംസ്കാരവും ഇതിനെ മാറ്റുന്ന ആ കാര്യം അതിന് ബ്രഹ്മോപാസന കർമ്മങ്ങളെ അപേക്ഷിക്കുന്നു ഞാൻ കർമ്മസമുച്ചയം ഗൂർപക്ഷി പറയുന്നു അതിന് സമാധാനം വരാൻ വേണ്ടി ചോദിക്കുന്നു എന്താണ് ഈ ബ്രഹ്മോപാസന അത് സംശയത്തോടു കൂടിയ ശബ്ദജ്ഞാനത്തിന്റെ ആവർത്തിയാണ് തത്മസി തുടങ്ങിയ ശബ്ദജ്ഞാനം ഉണ്ടാകുന്നു സംശയം ഉണ്ടാകുന്നു അതിൻ്റെ ആവർത്തിയാണോ അതോ സംശയരഹിതമായ നിശ്ചയത്മായമായ ശാബ്ദ ജ്ഞാനത്തിൻ്റെ ആവർത്തിയാണോ പറയുന്നു സംശയത്തോടു കൂടെ ജ്ഞാനം ആവർത്തിച്ചാലും അതുകൊണ്ട് അവദ്യാഭാസനൊന്നും നശിക്കത്തില്ല വൈദ്യ നശിക്കണമെങ്കിൽ തത്വനിശ്ചയം അതിൻ്റെ ആവർത്തി വേണം അതിൻ്റെ അഭ്യാസം വേണം അതിൽ നിന്ന് സാക്ഷാത്കാരം ഉണ്ടാവണം ം പറയുന്നു സ്ഥാനുമാണോ പുരുഷനാണോ എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഒരിക്കലും പുരുഷൻ ഞാനുണ്ടാകത്തില്ല അവിടെ പുരുഷനാണോ ഉള്ളത് ആ പുരുഷൻ ഞാനുണ്ടാകത്തില്ല അല്ലെങ്കിൽ സാമാന്യജ്ഞാനം ഉണ്ട് എന്തോ ഉയർന്ന രീതിയുള്ള ഒരു സ്ഥാനം അവിടെയുണ്ട് എന്നുള്ള ആവർത്തിച്ചുകൊണ്ടിരുന്ന പുരുഷൻ ഞാനുണ്ടാവത്തില്ല എന്ത് വേണം അവിടെ വിശേഷജ്ഞാനം പുരുഷൻ എന്നുള്ള ജ്ഞാനം ഉണ്ടാവണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയുള്ള സംശയങ്ങളും നശിക്കും അജ്ഞാനം നശിക്കും ഇതാണ് അപ്പോൾ സിദ്ധാന്തം എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി കുറവോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഒരു സിദ്ധാന്തിക്ക് സമ്മതമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞതല്ല ഇതൊക്കെ ശരിയാണ് നിശ്ചയാത്മകമായ ജ്ഞാനത്തെ തന്നെ ആവർത്തിക്കണം ആവർത്തിക്കുമ്പോൾ സംശയം പാടില്ല അത് അവിദ്യയും പൂർവ വിഭ്രോചന്യ സംസ്കാരത്തെയും നശിപ്പിക്കും വിദ്യാത്വയ നാശത്തെ ഉണ്ടാക്കും അപ്പോ ഇതിനു പൂർവക്ഷ പറയാണ് ഇത്രയും പറഞ്ഞുകഴിഞ്ഞപ്പോൾ അനുക്തം ശ്രുതമയേന ജ്ഞാനേന ജീവാത്മന പരമാത്മഭാവം ഗ്രഹീത്ത യുക്തിമയേന വ്യവസ്ഥാപ്യ രീതി ക്ഷി പറയുന്നു ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം എന്തോ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു ശ്രവണം കൊണ്ട് ജീവാത്മ പരമാത്മേകത്വം ഞാൻ ഉണ്ടാകും കേൾവിക്കാരൻ മനനത്തിലൂടെ അതിനുപ്പിക്കുന്നു പിന്നെ സംശയമൊന്നുമില്ല പിന്നെ നിധ്യാസനംന്ന് പറഞ്ഞാൽ എന്താണ് അതിനവർത്തിക്ക അങ്ങനെ ആവർത്തിക്കുമ്പോ സാക്ഷാത്കരണ്ടാവും ഇതാണ് ഞങ്ങൾ പറയുന്നതെന്ന് ആര് പറയുന്നു സിദ്ധാന്തിക്ക് സമ്മതമാണ് ശ്രുതമയേനേന എന്ന് വെച്ചാൽ ശ്രവണജന്യമായ ജീവാത്മന പരമാത്മാഭാവം ഗ്രഹിക്കുക ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ എന്ന് ഗ്രഹിച്ചിട്ട് അതിന് ശ്രവണം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം അതാണ് ജീവാത്മ പരമാത്മ ഏകത്വാനം എന്നുവെച്ചാൽ ഞാൻ അഹം തത് ആ പരമാത്മാവ് തന്നെ എന്ന് റിഞ്ഞിട്ട് അതാണ് ചെറോണത്തിന്റെ ഫലം അങ്ങനെ അറിഞ്ഞതിനു ശേഷം യുക്തിമയേന മനനം കൊണ്ട് യുക്തിയിലൂടെ എന്ത് ചെയ്യുന്നു അതിനെ നിശ്ചയിക്കുന്നു എന്താണ് ഞാൻ പരമാത്മാവ് തന്നെ നിശ്ചയിക്കുന്നു പിന്നെ നീത്യാസനം എന്ന് പറയുന്നത് എന്താണ് ഈ നിശ്ചയത്തിന്റെ ആവർത്തിയാണ് ഇത് നേരത്തെ പറഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞുപക്ഷേ പറയുന്നു ഇതിനെ കുറിച്ച് അതുകൊണ്ട് എന്താ തസ്മാത് നിർവചികിത്സ ശതി രൂപ ഉപാസന കർമ്മസഹകാരി ഞങ്ങളെന്താണ് ഈ ശബ്ദജ്ഞാനത്തിന്റെ ആവർത്തി എന്ന് പറയുന്നത് എന്താണ് നിശ്ചയാത്മകമായ ശബ്ദജ്ഞാനം അതിന്റെ ആവർത്തി അതിന്റെ ആവർത്തി കൊണ്ട് എന്ത് സംഭവിക്കും ാണ് സംഭാദിക്കുന്നത് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന ബ്രഹ്മ സാക്ഷാത്കാരത്തിന് കർമ്മങ്ങൾ സഹകാരിമുച്ചയം വരും എന്നാണ് പൂർവക്ഷ പറയുന്നത് ആ സാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസത്തെ നശിപ്പിക്കുന്നത് അപ്പൊ പൂർവക്ഷി ഇതിൽ കൂടുതലായി ചേർക്കുന്ന സിദ്ധാന് ബാക്കിയെല്ലാ സിദ്ധാന്തി സമ്മതമാണ് പൂർവക്ഷിയുടെ കൂടുതലായി ചേർക്കുന്നത് എന്താണ് സമയത്ത് യജ്ഞദാന തപസ്സുകളെല്ലാം അനുഷ്ഠിക്കണം എന്നുള്ള അത് എന്താ പറയുന്നു അതൊന്നും ആവശ്യമില്ല ഈ പറഞ്ഞതുപോലെ ശ്രവണം കൊണ്ട് എന്ത് ചെയ്യണം ജീവാമ പരമാത്മ യോഗം ഞാനുഗ്രഹിക്കണം മനനം കൊണ്ട് എന്ത് ചെയ്യണം അതിൽ വരുന്ന സംശയങ്ങളെല്ലാം പരിഹരിച്ച് നിശ്ചയാത്മകമായ ജ്ഞാനം ഉണ്ടാവണം ആ ജ്ഞാനത്തിന് അഹംബ്രഹ്മാസ്ത്രമ ആവർത്തിക്കണം ആവർത്തിച്ചു കഴിഞ്ഞാൽ സാക്ഷാത്കാരം ഉണ്ടാവും ആ സാക്ഷാത്കാരം വൈദ്യാദ്ദേഹത്തെ നശിപ്പിക്കും ശ്രദ്ധ അവിടെ കർമ്മത്തിന്റെ ആവശ്യം ഇല്ല ഇത്രയുള്ള വ്യത്യാസം അതുകൊണ്ട് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ശ്രവണ മനനങ്ങളിലൂടെ നിശ്ചയാത്മകമായി ഞാൻ ഉണ്ടാകുന്നതുകൊണ്ട് നിർവചികിത്സ ശബ്ദം നീത്യാസനം പറഞ്ഞ എന്താണ് നിർവചികിത്സ സംശയരഹിതമായി ശബ്ദം ഞാന് സന്തതി അപ്പോ നിന്നും ഉണ്ടാകുന്ന ശബ്ദം തന്നെയാണ് നീത്യാസനത്തിലെ ഞാൻ അതേ ജ്ഞാനം തന്നെയാണ് ആവർത്തിക്കുന്നത് അത് ശ്രവണജന്യജ്ഞാനം തന്നെയാണ് അപ്പോ ശ്രുതി പ്രമാണം തന്നെയാണ് ശ്രുതിയിൽ നിന്നാണ് യോഗത്വ ഞാനും ഉണ്ടാകേണ്ടത് അതിനൊന്നും പൌരോഷിക അഭിപ്രായ വ്യത്യാസം എന്താ അതിന്റെ ആവർത്തി അതാണ് നിർവചികിത്സ ശബ്ദ സന്ധതി നിർവചികിത്സ ശബ്ദത്തിന്റെ സന്ധതിയാണ് ഭാവന രൂപ ഉപാസന ഉപാസന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാവന നീത്യാസനം എന്ന് പറയുന്നു അതെന്താണ് കർമ്മസഹകാരിണി ഇതിനോടൊപ്പം കർമ്മവും വേണമെന്ന് വെച്ചാൽ ഒരാൾ നീത്യാസനം ചെയ്യുന്നത് ആ കാലയളവിലായി എന്തേനും യജ്ഞാന തപസ്സുകളും അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ ആ നിത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കണം എന്ന് പറയുമ്പോൾ ആരുടെ ജോലിയായി ഗൃഹസ്ഥൻ്റെ ജോലി ഗൃഹസ്ഥനാണ് ഈ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്തെയ്യണം ധ്യാനിക്കണം കർമ്മസഹകാരണി അത് അവിദ്യാദ്വയ ഉച്ഛേതും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെയും അവിദ്യാദ്വയം അനാദിയായ അവിദ്യയെയും വിഭ്രമജന്യമായ സംസ്കാരത്തെയും നശിപ്പിക്കും എന്നാല് പറയുന്നു അതുകൊണ്ട് എന്താണ് അസോ അനുപാദിതായുഭവത്തെ ഉണ്ടാക്കാത്ത അനുപാദിതമായ അനുപാദിതമായ ബ്രഹ്മാനുഭവം ഏതെന്നാണോ ബ്രഹ്മാനുഭവത്തെ എന്നുവെച്ചാൽ ബ്രഹ്മത്തിന്റെ അവരോഷം ഏത് ബ്രഹ്മത്തിന്റെ അവരോക്ഷമായ അനുഭവത്തെ ഉണ്ടാക്കാത്തതായ ഉപാസന എങ്ങനെയുള്ള സംശയാഭ്യാസം അല്ലെങ്കിൽ സാമാന്യജ്ഞാനാഭ്യാസം നിശ്ചയാത്മകമായ ഞാനല്ലാത്ത ഉപാസന ഉപാസനീദ്യം അനുപാദിത അവരോഷം ഞാനത് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തതുച്ഛേദായ പര്യാപ്ത അതിന് ഈദ്യദ്വയത്തെ നശിപ്പിക്കുന്നതിന് ശേഷിയില്ലാതെ വരും ഉപാസന ഉപാസന കൊണ്ട് അപരോക്ഷ ജ്ഞാനം ഉണ്ടായി അപരോക്ഷ ജ്ഞാനമാണ് അവിദ്യയെ അവിദ്യാദ്വൈത്വം നശിപ്പിക്കേണ്ടത് അപ്പോൾ അതിനുവേണ്ടിയിട്ട് നിശ്ചയാത്മകമായ ജ്ഞാനത്തിൻ്റെ ഉപാസനയാണ് വേണ്ടത് അപ്പോൾ ആ ഉപാസനയിലൂടെ എന്ത് സംഭവിക്കണം അപരോക്ഷ ജ്ഞാനം ഉണ്ടാവണം ഉപാസന മാത്രം പോലെ ഉപാസനയിലൂടെ എന്തുണ്ടാവണം പരോക്ഷം അതിന് സാക്ഷാത്കാരമെന്ന് പറയും ഈ സാക്ഷാത്കാരത്തിന് അപരോക്ഷ അനുഭവം എന്ന് പറയും സാക്ഷാത്കാരമെന്ന് പറയും ബ്രഹ്മാനുഭൂതി എന്ന് പറയും സ്വ അനുഭവം എന്ന് പറയും പിന്നെ അഖണ്ഡാകാര വൃത്തി ഇങ്ങനെയുള്ള നിശ്ചയാത്മകമായ ജ്ഞാനത്തിന്റെ നിരന്തരമായ ആവൃത്തിയിലൂടെ ഒരാളിലുണ്ടാകുന്ന ചരമ വൃത്തി അകണ്ടാകാതെ വൃത്തി അവരോക്ഷാനുഭവം അതാണ് എന്ത് ചെയ്യുന്നത് എന്തു ചെയ്യുന്നു അവിദ്യ ദൈവത്വം നശിപ്പിക്കുന്നു ഇതാണ് ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാകം ഇതാണ് എന്താണ് ശ്രവണത്തിലൂടെ ജീവാത്മപരമാകത്വ ജ്ഞാനം ഉണ്ടാവണം മനന്ത അത് നിശ്ചയാത്മകമാക്കണം സംശയങ്ങള് മാറ്റണം നിത്യാഹാസനം എന്ന് വെച്ചാൽ ആ ഉണ്ടായ ജ്ഞാനത്തെ ആവർത്തിക്കുക അഹം ബ്രഹ്മാസ്മി എന്ന ആവർത്തിക്ക സംശയമൊന്നുമില്ലാതെ അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സാക്ഷാത്കാര സംഭവിക്കും ആ സാക്ഷാത്കാരത്തിന് അഖണ്ഡ ആകാര വൃത്തി എന്ന് പറയുന്നത് അഖണ്ഡാകാരം എന്ന് പറഞ്ഞാൽ എന്താണ് അഖണ്ഡാകാരം എന്ന് പറഞ്ഞിട്ട് അഖണ്ഡാകാരം എന്ന് പറഞ്ഞാൽ എന്താ ബ്രഹ്മാകാരം കാരണം ഇനി ആരുടെ അടുത്ത് ഈ പൊട്ടത്തരങ്ങളൊന്നും പറയല് മനസിലായോ അഖണ്ഡാകാരം എന്ന് പറഞ്ഞാൽ ആകാരം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വരൂപം എന്ത് സ്വരൂപം സ്വരൂപം എന്ന് പറഞ്ഞ എന്താണ് ബ്രഹ്മസ്വരൂപം അതിനെ അഖണ്ഡം എന്ന് പറയാൻ എന്താണ് അഖണ്ഡം എന്ന് പറയാൻ കാരണം തത്വമസിന്ന് പറയുന്ന വാക്യത്തിൽ നിന്ന് അയാള് മനസ്സിലാക്കുന്ന അഖണ്ഡ ബ്രഹ്മത്തെയാണ് ജീവന്മേര് പരന്മേര് ജീവന്മാർ വേറെ എന്നൊക്കെ അറിയുന്നതാണ് ഖണ്ഡ ബ്രഹ്മം ഖണ്ഡമായിട്ടുണ്ട് വേറെ വേറെ അറിയുന്നു അപ്പൊ അങ്ങനെയുള്ള ഈശ്വരന്മേറെ ജീവന്മേരേന്ന് പറയുന്ന ഖണ്ഡം ഭേദം ആ ഭേദമില്ലാത്ത ബ്രഹ്മം അതാണ് എന്ത് അഖണ്ഡ ബ്രഹ്മം എന്ന് പറയുന്നതാണ് അവിടെ ഓരോ തരത്തിലുള്ള ഭേദവും ഇല്ല ഇല്ല അങ്ങനെയുള്ള അഖണ്ഡ ബ്രഹ്മത്തിന്റെ രൂപത്തിൽ ആ അഖണ്ഡ ബ്രഹ്മത്തെ വിഷയമാക്കുന്ന ജ്ഞാനം അതിനെന്ത് പറയുന്നത് അഖണ്ഡാകാര വൃത്തി വൃത്തി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ജ്ഞാനം വൃത്തി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുള്ള ജ്ഞാനമാണ് അപ്പൊ അഖണ്ഡാകാര വൃത്തി എന്ന് പറഞ്ഞാൽ അഖണ്ഡം എന്നൊരു ബ്രഹ്മമാണ് അഖണ്ഡ ആകാരം എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ വിഷയമാക്കുക എന്നുള്ളതാണ് അതിനകൂടുതൽ വൃത്തി എന്ന് പറയുന്നത് ജ്ഞാനമാണ് അതെന്തുകൊണ്ട് പ്രത്യേക അഖണ്ഡം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ ബ്രഹ്മത്തെ അറിയുന്നുണ്ട് അപ്പൊ ഞാനെന്നറിയുന്നു പരിച്ഛിന്നമായിട്ട് ബ്രഹ്മത്തെ അറിയുന്നു ദേഹാത്മബുദ്ധിയോടുകൂടി ബ്രഹ്മത്തെ അറിയുന്നു മറ്റങ്ങനെയല്ല അവിടെ ദേഹാത്മബുദ്ധി ഇല്ലാന്ന് മാത്രമല്ല ഈശ്വരൻ വേറെയാണെന്നുള്ളതും പോയി ഈശ്വരനും പരനും താനും പരനും താനും ഒന്നെന്നുള്ള ആ അഖണ്ഡത ആ അഖണ്ഡതയെ അറിയുന്ന എന്താണ് ആ സാക്ഷാത് അതിനു പറയുന്നത് സാക്ഷാത് സാക്ഷാത് പറഞ്ഞ എന്താർത്ഥം പ്രത്യക്ഷം അത് പ്രത്യക്ഷമായ അനുഭവമാണ് പ്രത്യക്ഷമായ അനുഭവം എന്ന് പറയാൻ എന്താ കാരണം അതായത് ഇപ്പൊ നമ്മള് തന്നെ അറിയുന്നുണ്ട് താൻ ബ്രഹ്മമാണ് പക്ഷെ ഇപ്പൊ താൻ അറിയുന്നുണ്ടെങ്കിൽ തന്നെ പ്രത്യക്ഷമായിട്ടല്ല അറിയുന്നുണ്ട് ഇപ്പൊ പ്രത്യക്ഷമായി അറിയണമെങ്കിൽ ഞാൻ എങ്ങനെ പറയണം അഹം ബ്രഹ്മാസ്മി എന്ന് അറിയണം മറിച്ച് ഞാൻ എങ്ങനെ അറിയുന്നത് ഏ ഞാൻ എന്റെ പേര് കൊണ്ട് എന്റെ രൂപം കൊണ്ട് ഞാൻ പുരുഷനാണ് ഞാൻ സ്വാമിയാണ് ഞാൻ അതാണ് ഇതാണ് യുവാവാണ് വിദ്ധനാണ് ഇങ്ങനെയുള്ള രീതിയിൽ ഞാൻ അറിയുന്നു മനസിലായോ എങ്ങനെയൊക്കെ അറിയുമ്പോ ഇത് ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള അപരോക്ഷം ഞാനാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ അറിയുന്നത് പരോക്ഷമായിട്ടാണ് ഞാൻ പ്രത്യക്ഷമായി എന്നെ അറിയാനും ഞാനൊരു മനുഷ്യനാണ് ഇത് പരോക്ഷ അപരോക്ഷം ഞാൻ ഇതിന്റെ സ്ഥാനത്ത് ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുന്നത് അപരോഷം ഞാനാകുമ്പോൾ പിന്നീ ഞാൻ അവിടെ പാടില്ല ഏത് ഞാൻ മനുഷ്യനാണെന്നുള്ള ഞാനും പാടില്ല അപ്പൊ ഇന്ന് ഞാൻ എങ്ങനെയാണോ ഞാൻ മനുഷ്യനാണോ എന്നറിയുന്നത് ഇത് അപരോക്ഷമായിരിക്കുന്നു എന്റെ സ്ഥാനത്ത് ഞാൻ ബ്രഹ്മമാണെന്നും അറിയും അപ്പം പിന്നെ ഞാൻ മനുഷ്യനാണെന്നുള്ള അപരോഷം ഞാൻ അവിടെ പാടില്ല അപ്പോൾ ഇപ്പോൾ എൻ്റെ പ്രത്യക്ഷം ഞാൻ എന്നെ കുറിച്ച് എങ്ങനെയാണ് ഞാൻ മനുഷ്യനാണെന്നുള്ള എന്നെ കുറിച്ചുള്ള എൻ്റെ പ്രത്യക്ഷം ഞാനാണ് ഞാൻ പുരുഷനാണ് എന്നുള്ള എന്റെ കുറിച്ചുള്ള ഞാൻ വൃദ്ധനായി എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള എൻ്റെ പ്രത്യക്ഷം ഞാനാണ് ഇതൊക്കെ ഞാൻ എന്നെ അറിയുന്ന പ്രത്യക്ഷം ഈ പ്രത്യക്ഷം ഞാൻ അതിന്റെ സ്ഥാനത്ത് എന്ത് പറണം ഇതുപോലെ എന്തു പറയണം ഞാൻ ബ്രഹ്മമാണെന്ന് അറിയണം അങ്ങനെ അറിയുമ്പോ അവിടെ എന്ത് പാടില്ല എന്തുപാടില്ല ഇപ്പോ ഉള്ള ഈ അപരോഷം ഞാനൊന്നും പാടില്ല ഇപ്പോ ഉള്ള അപരോക്ഷം ഞാനൊന്നും പാടില്ല അപ്പൊ എന്തു പറഞ്ഞാൽ എന്താണ് എന്ത് ശ്രവണ മനന നിത്യാസനങ്ങളിലൂടെ ആ നിത്യാസനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ആ അറിവ് എന്ന് പറയുന്നത് എന്താണ് ഞാൻ മനുഷ്യനാണ് ഞാൻ പുരുഷനാണ് എന്നിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവിന്റെ ഈ തരത്തിൽ അത് ഉണ്ടാവും ഇപ്പൊ ഞാൻ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റുമോ ഞാൻ പുരുഷനാണ് മറ്റേതെപ്പോഴാ ഉണ്ടാകുന്നത് നിത്യാസനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന നിത്യാസനത്തിന്റെ ഫലമായുണ്ടാകുന്ന ആ അറിവ് അത് അപരോഷം എന്ന് പറഞ്ഞാൽ ആ അവസ്ഥ എന്തായിരിക്കും അറിവുള്ള അത് ജാഗ്രത അല്ല സ്വപ്നമല്ല സുഷുതിയല്ല ആ അവസ്ഥയെ തുല്യ അവസ്ഥയെന്ന് അല്ലെങ്കിൽ ആ അവസ്ഥയെന്താ സമാധി അവസ്ഥയെന്നു സമാധി അവസ്ഥയിലേ ഉണ്ടാകത്തോ അതിനാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത് ജാഗ്രത ഉണ്ടാവില്ല എന്തുകൊണ്ട് ജാഗ്രതയുടെ അനുഭവം എന്താണ് ജാഗ്രതത്തിൽ ഞാൻ പുരുഷനാണെന്നുള്ള ആപ്രോഷ അനുഭവം ഇപ്പൊ ഇവിടെ അത് ഇന്നുണ്ടാവാൻ വഴിയില്ല ഇപ്പൊ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനുഷ്യനാണ് എനിക്ക് മാറ്റാൻ പറ്റുമോ ഞാൻ പുരുഷനാണെന്നുള്ള എന്റെ അറിവിനെ മാറ്റാൻ പറ്റൂ പ്രത്യക്ഷമായി അനുഭവിച്ചോണ്ടിരിക്കുകയാണ് ഇതിനെ ഇല്ലാതാക്കുന്ന മറ്റൊരറിവെന്ന് പറയുന്നത് അറിവാണ് അതിന് തുര്യം ഗുരുവും പറഞ്ഞിരിക്കുന്നു കേട്ടിട്ടുണ്ടോ നാലാമത്തെ അവിടെ ഈ ഞാനില്ല ഞാൻ പുഷ്ടന്നുള്ള ഞാനില്ല ആ ജ്ഞാനത്തിന് എന്ന് പറയുന്നത് അഖണ്ഡ ആകാരം കൊടുത്തി അവിടെ അഖണ്ഡം എന്താണോ പുരുഷ ജീവ ബ്രഹ്മോ ജീവൻ പോയി ഭേദങ്ങളും ഉണ്ട് അഖണ്ഡ ആകാരം അഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണോ ജീവനും ബ്രഹ്മവും ഈശ്വരങ്ങളുടെ ഭേദമന്ത് ഹിതമായ ഭേദരഹിതമായ ബ്രഹ്മം ഭേദരഹിതമായ ബ്രഹ്മം തുര്യോന്ന് പറഞ്ഞ പിന്നെ എന്തിനാണ് തുര്യോ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ആ അനുഭവത്തെന്ന് പറയുന്നത് തിരിച്ചും മറിച്ചും പറയുന്നത് പറയുന്നത് ശ്രദ്ധിച്ച് മനസിലാകും എന്തിന ആ അനുഭവത്തെ എന്തുകൊണ്ട് പറഞ്ഞു ഇതിപ്പോ ജാഗ്രത അനുഭവമാണ് ഞാൻ പുരുഷനാണെന്ന് പറയും സ്വപ്നത്തിൽ ഞാൻ ചിലപ്പോ ദേവനായിട്ടറിയും അത് സ്വപ്ന സുഴുതി എന്താണ് അത് മറ്റൊരു അനുഭവ തലം എന്ന് വെച്ച ഒന്നും അറിയാതിരിക്കുന്ന തലം നാലാമതൊരു അനുഭവ തലമുണ്ട് ആ അനുഭവ തലത്തിന് എന്ന് ാണ് ഇന്ന് ആര് പറയുന്നു അദ്വൈദികൾ ആർക്കറിയുന്നത് അന്ദ്വേദികൾക്ക് അറിയാം എങ്ങനെ അറിയാമോ അത് എങ്ങനെയുള്ള അദ്വേദിക്ക് സമാധിയിൽ എത്തിയ അദ്വേദിക്ക് അല്ല ഇവിടെ ഇവിടെ ഇങ്ങനെ എന്താണ് ബ്രഹ്മസൂത്രം പഠിപ്പിച്ചാലോ പഠിച്ചാലോ ഗുതി പഠിച്ചാലോ പഠിപ്പിച്ചാലോ അനുഭവം ഉണ്ടാകുന്നു അതുകൊണ്ടാവണെങ്കിൽ എന്തുവേണം ഇതെല്ലാം മടക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം ഇതൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശ്രവണ മനങ്ങൾ ഇതൊക്കെ മടക്കി വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത് എന്തെത്യാസം ഭാവന ആവർത്തിച്ചുകൊണ്ടേ ഭാവന ആവർത്തിക്കുമ്പോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഭാവനയെ തന്നെ ആവർത്തിച്ചുകൊണ്ട് ഇനി ഭാവന ആവർത്തിച്ച് ഭാവനയെ ആവർത്തിക്കുക എന്നുള്ള നിശ്ചയാത്മകമായ ജ്ഞാനമാണ് ഇപ്പൊ നിശ്ചയാത്മകമായ ജ്ഞാനം വന്നു കഴിഞ്ഞത് കൊണ്ട് പിന്നെ അവിടെ ശ്രവണത്തിന്റെ ആവശ്യമുണ്ടോ മനനത്തിന്റെ ആവശ്യമുണ്ടോ അപ്പൊ ശ്രവണവും മനനവും കഴിഞ്ഞുള്ള നിശ്ചയാത്മകമായ ജ്ഞാനമാണ് എന്താ ആ ഭാവന ആവർത്തിച്ചോണ്ടി വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഉണ്ടോ അവിടെയാണ് കർമ്മ സമുച്ചയം അപ്പൊ ശരിക്കും നിശ്ചയാത്മകമായ ജ്ഞാനമാണെങ്കിൽ അവിടെ പിന്നെ എന്തിന്റെ ആവശ്യം എന്താ ശ്രവണത്തിന്റെ ആവശ്യം ഇല്ല മനനത്തിന്റെ ആവശ്യം ഉണ്ടോ മനനം എന്തിനു വേണ്ടിട്ടാണ് നിശ്ചയത്തിന് വേണ്ടി ശ്രവണത്തിലൂടെയും മനനത്തിലൂടെയും ഒരാള് നിശ്ചയാത്മകമായ ജ്ഞാനം വന്നു കഴിഞ്ഞു ഞാൻ എന്ത്ണം ഇതെല്ലാം മടക്കി വെക്കണം എല്ലാ പണികളും അവസാനിപ്പിക്കണം എന്നിട്ട് എവിടെയെങ്കിലും എന്ത് ചെയ്യണം അഹം ബ്രഹ്മസ്മിന്ന് ഉറപ്പുണ്ടെങ്കിൽ ഭാവന ഏതാ എന്ത് സംഭവിക്കും സാക്ഷാത്കാരം ഉണ്ടായി സാക്ഷാത്കാരം എവിടെ ഉണ്ടാവുന്നത് എവിടെയാണ് ഉണ്ടാവുന്നു മനസ്സിലാക്കി മനസിന്റെ പരിണാമമാണ് സാക്ഷാത്കാർ മനസിലായോ ഈ സാക്ഷാത്കാരമൊന്നും ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല ഈ കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കുന്നു മനസിലായോ എന്തിനാ എന്തിനാ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞുകൊടുത്ത് പത്ത് കാശുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം മനസിലായ മനസിലാവുന്നുണ്ടോ മനസ്സിലാക്കി മുറിക്കാത്തരുന്നില്ല അപ്പോ നിധ്യാസനം എന്ന് പറയുന്നത് ഈ ഭാവനയുടെ ആവർത്തിയാണ് ആവർത്തി കൊണ്ട് സംഭവിക്കുന്നതാണ് അതിന്റെ ധാരണ അതിന്റെ ഒരു ഫലം ആയി വരുന്നതാണന്ത് ചരമമായ സാക്ഷാത്കാരം എന്തുകൊണ്ട് പറയുന്നു ചരമമായ സാക്ഷാത്കാർ എന്നുവെച്ചാ എല്ലാ പ്രത്യക്ഷങ്ങളുടെയും അന്ത്യം കുറിക്കുന്ന പ്രത്യക്ഷമാണത് ബ്രഹ്മപ്രത്യക്ഷം അതുകൊണ്ടാണ് ആ പ്രത്യക്ഷം ചരമമായത് അവസാനമായത് പിന്നെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രത്യക്ഷവും ദശിക്കുന്നു അതുവരെ ഉണ്ടായിരുന്ന പ്രത്യക്ഷം എന്താണ് ഞാൻ ശരീരമാണ് ഞാൻ പുരുഷനാണ് ഞാൻ ആണാണ് ഞാൻ പെണ്ണാണ് ഞാൻ ധനവാനാണ് ഞാൻ പണ്ഡിതനാണ് ഞാൻ പാമരനാണ് ഞാൻ ഗുരുവാണ് ഞാൻ ശിഷ്യനാണ് ഇതൊക്കെയാണ് അതുവരെ ഉണ്ടായിരുന്ന പ്രത്യക്ഷങ്ങൾ ഈ പ്രത്യക്ഷങ്ങളൊക്കെ പോയിട്ട് എന്ത് വന്ന അവിടെ ഈ എല്ലാ പ്രത്യക്ഷങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യക്ഷമാണ് അതാണ് അന്തിമമായ പ്രത്യക്ഷം ചരമം വെച്ച് അവസാനമായ പ്രത്യക്ഷം വന്നുകഴിഞ്ഞാ ആ സാക്ഷാത്കാരത്തെ കുറിച്ചാണ് കൂടെ പറയുന്നു ആരും ഭാമതീത ഇതാണ് ഭാവതി പ്രക്രിയ മനസ്സിലായോ ശങ്കരാചാര് ഭാഷ്യം മുഴുവൻ നോക്കിയാലും ഇതുപോലെ ഈ വിഷയം വ്യക്തമായി കൃത്യമായി പറയുന്നില്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭാമതി പഠിക്കുന്നത് എന്തിനാ ഭാമതി പഠിക്കുന്നത് ഈ കാര്യം എവിടുന്ന് മനസ്സിലാക്കണം ഭാവതി കൃത്യമായി പറയുന്നത് എല്ലായിടത്തും വന്നു ഭാഗതി കാരന് ശേഷം എന്തൊക്കെ വന്നോ അതിലെല്ലാത്തിനും വന്നു പിന്നെ വിവരണകാരനും പറയുന്നുണ്ട് സാക്ഷ ഇപ്പൊ ഇനി പറയുന്നൊക്കെ സിദ്ധാന്തമാണ് മനസിലായോ കർമ്മസഹകരണിന്ന് പറയുന്ന പൂർവോക്ഷം ബാക്കി പറയുന്നൊക്കെ സിദ്ധാന്തം തന്നെ സാക്ഷാത്കാരൂപോഹി വിപര്യാസഹ ഇവിടെ ഈ പൂർവോക്ഷവും സിദ്ധാന്തവും തിരിച്ചറിയാൻ തന്നെ വല്യപാടാണ് ഏതുവരെ പൂർവപക്ഷം ഏതുവരെ അത് ഈ എന്താണ് ണി എന്ന് പറയുന്ന ഒഴിവാക്കിയ ബാക്കിയെല്ലാം എന്താണ് സിദ്ധാന്തമാണ് സാക്ഷാത്യാസാത്വ ഉച്ഛി നോ പരോക്ഷൌഭാസാന്തം പറയുന്നു ഭ്രാന്തി സാക്ഷാത്കാരൂപത്തിലുള്ള ഭ്രാന്തി ഇപ്പൊ സാക്ഷാത്കാര രൂപത്തിലുള്ള ഭ്രാന്തി എന്ന് പറയുന്നത് എന്താണ് പ്രത്യക്ഷ രൂപത്തിലുള്ള ഭ്രാന്തി എന്താണ് അപ്രത്യക്ഷ രൂപത്തിലുള്ള ഭ്രാന്തി ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യക്ഷ രൂപത്തിലുള്ള ഭ്രാന്തി എന്ന് പറയുന്നത് ഞാൻ ഈ ദേഹത്തിൽ വരുന്ന ബോധം ാണ് പ്രത്യക്ഷ രൂപത്തിലുള്ള ഭ്രാന്തി ഇപ്പോ പ്രത്യക്ഷമാണോ എല്ലാ മനുഷ്യർക്കും ഞാൻ എന്ന് ഇവിടെ അറിയുന്നു ഇദ്ദേഹത്തെ ചിന്തിക്കാതെ നമുക്ക് ഞാനെന്ന് പറയാൻ പറ്റും അതാണ് പറയുന്നത് ഞാൻ കറുത്തവൻ ഞാൻ വെളുത്തവം ഞാൻ മെലിഞ്ഞവൻ ഞാൻ ബുദ്ധിയുള്ളവ ബുദ്ധി ഇല്ലാത്ത ഇങ്ങനെ ശരീരത്തോട് ശരീര കാര്യങ്ങളിൽ വരുന്ന ഈ ബോധം ഇതാണ് സാക്ഷാത്കാര രൂപത്തിലുള്ള വിപര്യാസം ഭ്രാന്തി ഇത് എങ്ങനെ അറിയണം സാക്ഷാത്കാര രൂപേണയോ തത്വാനേ സാക്ഷാത്കാര രൂപത്തിലുള്ള തത്വജ്ഞാനം വെറും തത്വജ്ഞാനം പോലെ ഈ തത്വജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് പരോക്ഷമായ തത്വജ്ഞാനം ഉണ്ട് അപരോക്ഷ തത്വാനുണ്ട് ഈ പരോക്ഷ തത്വാനം എന്താണ് സംശയങ്ങള് പരോക്ഷ തത്വജ്ഞാനം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യ ശ്രോണത്തിൽ നിന്നൊരു ജ്ഞാനം ഉണ്ടായി പരോക്ഷമാണ് പിന്നെ മനനം കൊണ്ട് സംശയങ്ങളെല്ലാം പരിഹരിച്ച് അതും പരോക്ഷമാണ് പിന്നെ നിത്യാസനം ആവർത്തിക്കുന്നു അതും പരോക്ഷമാണ് ഇവിടെ എല്ലാം ഉള്ളത് എന്താണ് പരോക്ഷമായ തത്വജ്ഞാനമാണ് ആ പരോക്ഷ തത്വജ്ഞാനത്തിന് വ്യത്യാസമുണ്ട് ശ്രവണത്തിൽ നിന്നുണ്ടാകുന്ന ആ ജ്ഞാനത്തിൽ സംശയവും മറ്റും ഉണ്ട് മനനം പറഞ്ഞാൽ അത് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു കുറെ കാണും കുറെ മാറും അങ്ങനെ അത് പരിഹരിച്ച് നിശ്ചയാത്മകമാകുമ്പോൾ എന്തു ചെയ്യുന്നു അതിനെ ആവർത്തിക്കുന്നു മൂന്ന് സ്റ്റെപ്പാണ് ശ്രവണത്തിൽ നിന്ന് സംശയത്തോടുകൂടി ഞാനും മനോണ്ടിന് എന്ത് വരുന്നു സംശയങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ നിധ്യാസനം എന്ന് പറയുമ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്നും എന്താണ് പരോക്ഷം ഞാനാണ് ഇത് അപരോക്ഷണെങ്കിൽ പിന്നെ മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല ഇതാണ് ഭാവനീകാരം പറയുന്നത് ശ്രവണത്തിൽ നിന്ന് തന്നെ അപരോക്ഷമായ ഞാനുണ്ടാവുമെങ്കിൽ പിന്നെ മലനത്തിന്റെ ആവശ്യം എന്തോ നീത്യാസനത്തിന്റെ ആവശ്യം എന്തോ അതിന്റെ ഒന്നും ആവശ്യമുണ്ടല്ലോ ശ്രവണത്തിൽ നിന്നൊരാൾക്ക് അപരോഷം ഞാനുണ്ടായി പിന്നെ മലനത്തിന്റെ ആവശ്യമുണ്ടാ നീത്യാസനത്തിന്റെ ആവശ്യമുണ്ടോ പിന്നെ ഒരു സാക്ഷാത്കാരത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പോ ശ്രുതി തന്നെ പറഞ്ഞു ശ്രോതവിയോ മന്ദവിയോ നീത്യാസവ്യാന്ന് എന്നാൽ ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ചെറുവണത്തിൽ നിന്നുണ്ടാകുന്ന പരോക്ഷജ്ഞാനം മനനത്തിലും പരോക്ഷജ്ഞാനം നീന്തിയാസനത്തിലും എന്താണ് പരോക്ഷജ്ഞാനം പിന്നെ ഇവിടെ അപരോക്ഷ ജ്ഞാനം വരുന്നത് നീന്തിയാസനത്തിന്റെ ഫലമായി വരുന്ന സാക്ഷാത്കാർ എന്ന് പറയുന്ന അഖണ്ഡാകാര വൃത്തി അതാണ് അവരോക്ഷജ്ഞാനം അപ്പൊ ഈ അഖണ്ഡാകാര വൃത്തി അപരോക്ഷമായതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് എപ്പോഴാണോ ഈ അഖണ്ഡാകാര വൃത്തി ഉണ്ടാകുന്നത് അവിടെ ആ സമയത്ത് എന്തുണ്ട് ഞാൻ ദേഹമാണെന്നുള്ള ബോധമുണ്ടോ എന്റെ ഇടയ്ക്ക് ഉണ്ടാവും ഞാൻ ശരീരമാണെന്നുള്ള ബോധമില്ല ഞാൻ പണ്ഡിതനെന്നോ പാമ്പറ്റിലെന്നോ വെളുത്തവരെന്നോ വറുത്തവരെന്നോ ആണെന്നോ പെണ്ണെന്നോ ഉള്ള ബോധമൊന്നും ഉണ്ടാകത്തില്ല ഈ ഇതെല്ലാം എന്താണ് അപരോക്ഷ ഈ അവരോഷ വൃത്തികളെല്ലാം അവിടെ പോകും അതുകൊണ്ട് ആണ് പറയുന്നത് ആ അവരോക്ഷജ്ഞാനം ഏതവരോക്ഷ ജ്ഞാനം അഖണ്ഡാകാര വൃത്തിയാകുന്ന അവരോക്ഷജ്ഞാനമാണ് ബാക്കിയുള്ള എല്ലാ അവരോഷജ്ഞാനങ്ങളെയും നശിപ്പിക്കുന്നത് അതുകൊണ്ട് ആ അപരോഷ്ഞാനം എന്ന് പറയുന്നത് ആ അപരോഷ്ഞാനത്തിനെന്ന് പറയുന്നത് തുല്യ തുല്യ അവസ്ഥയല്ല തുല്യ ആ തുല്യ ഞാനുണ്ടാകുന്ന ആ തലത്തെ പറയാൻ തുല്യ അവസ്ഥ ആ അനുഭവ തലത്തെ പറയാൻ എന്താണ് സമാധി അവസ്ഥ എന്ന് പറയും ഇപ്പൊ സമാധിയിലെത്തിയോണ്ടിരിക്കുന്നു എത്തിക്കഴിഞ്ഞു എത്തിക്കൊണ്ടിരുന്ന സിംഗ് ഏഹ് ആണോന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞ പിന്നെ എന്തൊക്കെ സംഭവിക്കുന്ന വിശദീകരിക്കും തൽക്കാലം കൂടെ എത്തി അവിടെ നിൽക്കുക നമുക്ക് ഈ സമാന പ്രക്രിയയില് അവിടെ അവദ്യ ഭാവരോഗത്തിലാണ് അതുകൊണ്ടാണ് സ്വീകരിക്കുന്നത് അവിദ്യ എപ്പോഴേ നിത്യാസനം ചെയ്യുന്ന സമയത്തും അവദ്യ ഭാവരോഗത്തിലും അതിനെ കുറിച്ചൊക്കെ ഇനി പറയും കൃത്യമായിട്ട് ഇപ്പൊ എവിടെ എത്തി അഖണ്ഡാകാര വൃത്തിയിലെത്തി പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയുന്നത് ഇന്റർവ്യൂല് കഴിഞ്ഞ് ബാക്കിയെല്ലാം വിശദീകരിക്കും ഇപ്പോ അവിടെ എത്തി നില്ക്കുകയാണ് എവിടെ തുല്യ ജ്ഞാനത്തെ അഖണ്ഡാകാര വൃത്തിയിൽ പിന്നെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആണ് ബാക്കി പൂർണ്ണമാകുന്ന തുടർന്ന് വിശദീകരിക്കും ഭാഗതീകാരന്ദ്രൻ വിശദീകരിക്കും മനസ്സിലാകും ഇത്രയും മനസ്സിലാക്കുമെന്ന് എന്താണ് ഈ പറയുന്നത് എന്താണ് സാക്ഷാത്കാര രൂപോ ഹീ വിപര്യാസം അത് സാക്ഷാത്കാര രൂപത്തിലുള്ള വിപര്യാസം ഭ്രാന്തി ഭ്രമം അതെന്താണെന്ന് മനസ്സിലാക്കണം അതെന്താണ് ആ അതെ ആ നോയും അതെ സാക്ഷാത്കാര രൂപേണയവ തത്വജ്ഞാന സാക്ഷാത്കാരൂപത്വജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് അതെന്താണ് അതെന്താണത് അതുവരെ മനസ്സിലാക്ക അതെന്താണത്യ നിസനത്തിന്റെ ഫലമായി ഉണ്ടാവുന്ന ഞാൻ ഭാവന അല്ലെങ്കിൽ ഉപാസനയുടെ ഫലമായി ഉണ്ടാവുന്ന ഞാൻ അതാണ് അതുകൊണ്ട് ഉച്ഛദ്യതെ ആദ്യം പറഞ്ഞത് നശിക്കും അ തുര്യാണ് മനസ്സിലായോ തിരിവുമൊക്കെ വേറെ രീതിയിൽ ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ അതൊന്നും ഇവിടെ എടുക്കരുത് മനസ്സിലായോ തിരിവും മറ്റു പല രീതിയിലും വ്യാഖ്യാനിച്ചു ഇവിടെ ഇപ്പൊ ഭാഗതികാരന് മനസ്സിലാകുമ്പോ ഈ രീതി മനസ്സിലാകും ഭാഗതികാരൻ ഇതിങ്ങനെ വിശദീകരിക്കുന്നത് എങ്ങനെ വിശദീകരിക്കുന്നു ഭാവതികാരന്റെ ഈ വിശദീകരണങ്ങളും നമ്മളെങ്ങനെ മനസ്സിലാകണം യുക്തിയിലൂടെ വിശദീകരിക്കുക യുക്തിയുക്തമായിട്ട് എങ്ങനെ പരോക്ഷജ്ഞാനം എന്താണ് സംശയം എന്താണ്ഹാസനം എന്താണ് സാക്ഷാത്കാരം അങ്ങനെ ക്രമമായിട്ട് അവരെ വിശദീകരിക്കും അത് പൂർവപക്ഷത്തോട് ചേർത്ത് ആണ് പറയുന്നതെങ്കിലും ആ സിദ്ധാന്തമാണ് അത് പരോക്ഷോപാസേന വിപര്യാസ ഉച്ചന്വേഷിക്കുന്നു പരോക്ഷജ്ഞാനം കൊണ്ട് വിപര്യാസം നശിക്കില്ല അധാനപ്പെട്ട ഒരു കാര്യം മനസിലായോ പരോക്ഷ ഉപാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാക്ഷാത്കാരം ഉണ്ടാകുന്നതിന് മുമ്പ് വരെയുള്ള അവസ്ഥകളെല്ലാം എന്താണ് ജ്ഞാനമുണ്ട് ഹംബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനമുണ്ട് അതൊക്കെ എന്താണ് പരോക്ഷജ്ഞാനമാണ് മനസ്സിലായോ അവിടെ ഈ അഹം ബ്രഹ്മാസ്മി എന്ന് തന്നെ അറിയുന്നത് അഹം ബ്രഹ്മാസ്മി മനനത്തിനും എന്താ അറിയുന്നത് അഹം ബ്രഹ്മാസ്മി നീത്യാസനത്തിനും എന്താ അറിയുന്നത് അഹം ബ്രഹ്മാസ്മി പക്ഷെ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ് പരോക്ഷാനുഭവമാണ് അപ്പോ ഇത് നമുക്ക് മനസ്സിലാവും എന്താണ് അഹം ബ്രഹ്മാസ്മി നമുക്ക് മനസ്സിലാവും ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നുള്ള ഈ അറിവ് അത് ആർക്കും മനസിലാക്കാവുന്ന കാര്യമുണ്ട് പരോക്ഷം ഞാൻ ആർക്കും ഉണ്ടാകാം സംശയങ്ങളുണ്ടാവുമായിരിക്കും അത്രയോ പക്ഷെ അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അത് നമുക്ക് സങ്കല്പിക്കാനേ പറ്റത്തില്ല അപ്രോക്ഷം ഞാൻ എങ്ങനെ ഇരിക്കുമെന്ന് സങ്കല്പിക്കാൻ പറ്റത്തില്ല ആ അതാണ് പറയുന്നത് അനുഭവിക്കാതറിയില്ല നമുക്കത് ഒരു സങ്കല്പത്തിലൂടെ എന്തുകൊണ്ട് നിത്യാസനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ അപ്രോക്ഷം ഞാൻ അപ്പൊ അതിനെ നമുക്കറിയാൻ യാതൊരു വഴിയും ഇല്ല ഇങ്ങനെ എത്ര കാലം ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാലും എത്ര കാലം പഠിച്ചാലും എത്ര കാലം പഠിപ്പിച്ചാലും എന്തുണ്ടാവില്ല അപരോക്ഷ ജ്ഞാനത്തെ കുറിച്ച് ഓരോ ഐഡിയയും കിട്ടത്തില്ല അതെങ്ങനെയിരിക്കും അത് വേറെ അത് വേറെ അത് വേറെ സംഗതി അത് വേറെ സംഗതി അത് ഏതുപോലെയെന്ന് വെച്ചാൽ എല്ലാ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസും അങ്ങനെയാണ് അമ്പലപ്പുര പൽപ്പായസം കഴിച്ചിട്ടുണ്ടോ തിരുപ്പതിയിലെ ലഡ്ഡു കഴിച്ചിട്ടുണ്ടോ പുരി ജഗന്നാഥന്റെ പ്രസാദം കഴിച്ചിട്ടുണ്ടോ അത് അനുഭവിച്ചാലേ പറ്റൂ അത് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് അവിടുത്തെ പഞ്ചാമൃതത്തിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അത് അത് നമ്മളെ അനുഭവിക്കാന്നുള്ളത് വരെ വഴി എത്ര വർണ്ണിച്ചാലും ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല കോളിയ എന്ന് പറയും ഇംഗ്ലീഷിൽ സബ്ജെക്ടീവ് എക്സ്പീരിയൻസ് കോളിയ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് സ്വയം അനുഭവിച്ചേ പറ്റും ആ അനുഭവത്തെ വിശദീകരിക്കാനോ അതെങ്ങനെ സംഭവിക്കുന്നത് പറയാനോ ഒന്നും മാർഗം കഴിയത്തില്ല അതുപോലെ വരുന്ന ഒന്നാണ് അഖണ്ഡാകാര സാക്ഷാത്കാരം അത് നിത്യാസനത്തിന്റെ ഫലമായി സംഭവിക്കുന്നതാണ് അത് എന്നാണ് ആരുടെ പക്ഷം സാമ്പത്തിക അപ്പോ അതാണ് ഇവിടെ പറയുന്നത് എന്താണ് പരോക്ഷം അതിനു മുമ്പാണ് അപ്പൊ ഈ പരോക്ഷജ്ഞാനത്തിന്റെ ഈ അപരോക്ഷമായ അനുഭവത്തിന്റെ ആവശ്യം എന്താ വരുന്നത് ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ പരോക്ഷ ജ്ഞാനം നമ്മളിരിക്കുന്ന എന്താണ് ശ്രവണം മനനത്തിലൂടെ ഒക്കെ നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ഈ പരോക്ഷ ജ്ഞാനം കൊണ്ട് ഈ ദേഹാത്മബുദ്ധി ഒരിക്കലും നശിക്കില്ല മനസ്സിലായോ നിങ്ങള് നൂറ് തവണ ഞാൻ ബോധമാണ് ഞാൻ ബോധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നാലും നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ പറഞ്ഞാലും എന്താണ് ഒരിക്കലും ദേഹാത്മ ബുദ്ധി നശിക്കൂ ഒരിക്കലും നശിക്കൊണ്ട് ഇടന്ന് ചില്ലറെ വാങ്ങിക്കാമെന്നുള്ളതേ ഉള്ളൂ ഇത് നശിക്കണമെങ്കിൽ എന്ത് വേണം എന്തുവേണം സമാധി എന്നു പറയുന്ന അവസ്ഥയിലെത്തണം ശീലിച്ചാൽ പോരാ ശീലിക്കുന്നതിന് എന്താ പറയുന്നത് അതുകൊണ്ട് കാര്യമൊന്നുമില്ല പിന്നെ എന്തുവരണം ഉണ്ടാവണം ആ തുല്യ ജ്ഞാനം ഉണ്ടാവുമ്പോഴേ ഉദ്ദേശിക്കൂ അതുവരെ ഞാൻ ബ്രഹ്മമാണ് ഞാൻ ബോധമാണ് ബോധമാണെന്ന് പറഞ്ഞ് ഉറപ്പിച്ചുകഴിഞ്ഞാൽ അത് കുറുപ്പിന്റെ ഉറപ്പ് പോലെ ഉള്ളുറപ്പിന് യാതൊരു വിലയും ുംരിക്കും പറ്റും ഈ സാക്ഷാത്കാരം ഉണ്ടായാലേ എന്ത് സംഭവിക്കൂ അജ്ഞാനം നശിക്കും അജ്ഞാനം നശിച്ച് മരിക്കണമെങ്കിൽ എന്ത് വേണം തുല്യജ്ഞാനം ഉണ്ടാവണം ആ തുര്യജ്ഞാനം ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ഈ ജാഗ്രത പോലെയുള്ള മറ്റൊരവസ്ഥ അതിനാണ് എന്തവസ്ഥെന്ന് പറയുന്നത് സമാധി അവസ്ഥ മനസിലായോ അപ്പൊ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ഫലപ്രദമാണോങ്കി ഇനിയെന്തെയ്യണം നിരധ്യാസനം ചെയ്തിട്ട് അങ്ങനൊരു ജ്ഞാനം ഉണ്ടാകണം ഇനി ഒരാളെസരം പറയുന്നു ഞാനോ ഉണ്ടായില്ലെങ്കിലോ ഉണ്ടാവും വിശ്വസിച്ച് ചെയ്യണം ഉണ്ടാവും പറയുന്ന പൂർണമായ വിശ്വാസത്തി ചെയ്യണം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കി തരുന്നേ ഒരു വിശ്വാസം ഉണ്ടാക്കുന്നത് ആരാണ് ാരനല്ല പതഞ്ജലി മനസിലായോ ഇങ്ങനെ ഒരു സമാധിജ്ഞാനം ഉണ്ടാകും എന്ന് പറയുന്ന ആളാണ് പതഞ്ജലി ആ പതഞ്ജലിയുടെ വഴിയാണ് ആര് സ്വീകരിച്ചിരിക്കുന്നത് അല്ല ഭാവതികാരന്റെ സ്വന്തമല്ല ഇത് പതഞ്ജലി പറഞ്ഞതിലെ പിന്തുടർന്നിട്ടാണ് ഇങ്ങനൊരു സംഗതി ആര് പറയുന്നത് അപ്പൊ ഇത് പതഞ്ജലിയുടെ വഴിയാണെന്നൂടെ അറിഞ്ഞിരിക്കുന്നു